ം പത്ത് ഇസ്രയേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു അവൻ ഫലം കഴിക്കുന്നു തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തീരും അവനവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചുകളുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ അവൻ നമുക്ക് രാജാവില്ല നാം യഹോവയെ ഭയപ്പെടുന്നില്ലല്ലോ രാജാവ് നമുക്കുവേണ്ടി എന്തു ചെയ്യും എന്ന് പറയും അവർ വ്യർത്ഥവാക്കുകൾ സംസാരിച്ച് ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകളിൽ നഞ്ചുചെടി പോലെ മുളച്ചു വരുന്നു ശമരിയ നിവാസികൾ ബേത്താവനിലെ കാളക്കുട്ടിയെക്കുറിച്ച് പേടിക്കുന്നു അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു അതിന്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിന്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു അതിനെയും യുദ്ധതൽപ്പരനായ രാജാവിന് സമ്മാനമായി അശൂരിലേക്ക് കൊണ്ടുപോകും ലജ്ജ പ്രാപിക്കും ഇസ്രയേൽ തന്റെ ആലോചനയെക്കുറിച്ച് ലജ്ജിക്കും ശമരിയും അതിന്റെ രാജാവ് വെള്ളത്തിലെ ചുള്ളി പോലെ നശിച്ചുപോകും ഇസ്രയേലിന്റെ പാപമായിരിക്കുന്ന ആവനിലെ പൂജാഗിരികൾ നശിച്ചുപോകും മുള്ളും പറക്കാരെയും അവരുടെ ബലിപീഠങ്ങളിൽ മേൽ അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് പറയും ഇസ്രയേലെ ഗിബയയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു അവർ അവിടെ തന്നെ നിൽക്കുന്നു ഗിബയയിൽ നീതികെട്ടവരോടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും അവരെ അവരുടെ രണ്ടകൃത്യം നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടി യും മരിക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവ് ആകുന്നു ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ നുഖം വയ്ക്കും ഞാൻ എഫ്രൈമിനെ നുഖത്തിൽ പിണയ്ക്കും യഹൂദ ഉഴകയും യാക്കോബ് കട്ട ചെയ്യേണ്ടിവരും നീതിയിൽ വിതപ്പീൻ ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ നിങ്ങളുടെ തരിശുനിലം ഉഴുവീൻ യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പിനുള്ള കാലം ആകുന്നുവല്ലോ നിങ്ങൾ ദുഷ്ടത ഉഴുതു നീതി കേട് കൊയ്തു ഫലം പിന്നിരിക്കുന്നു നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു കലഹം യുദ്ധദിവസത്തിൽ സൽമാൻ ബേത്തർബേലിനെ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരും അവർ അമ്മയെ മക്കളോടു കൂടെ തകർത്തു കളഞ്ഞുവല്ലോ അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ടത നിമിത്തം ബേധലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും പുലർച്ചയ്ക്ക് ഇസ്രയേൽ രാജാവ് അശേഷം നശിച്ചു പോകും